നിന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തെ അവർ വിഭജിക്കുകയാണോ ഇഹലോക ജീവിതത്തിൽ അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ നാം അവർക്കിടയിൽ വിഭജിച്ചു നൽകിയിട്ടുണ്ട് ചിലരെ ചിലരെക്കാൾ പദവികളിൽ നാം ഉയർത്തിയിരിക്കുന്നു ചിലർ ചിലരെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണത് നിന്റെ രക്ഷിതാവിന്റെ കാരുണ്യമാകട്ടെ അവർ ശേഖരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്